ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ പ്രിയപ്പെട്ടവരെ നമ്മൾ യോഹന്നൻ്റെ സുവിശേഷം എട്ടാമധ്യായം അതിൻ്റെ മുപ്പത്തി വാക്യത്തിൽ കർത്താവ് പറയുന്നു സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വാതന്ത്ര്യരാക്കുകയും ചെയ്യും നമ്മൾ യഥാർത്ഥ സത്യം അറിഞ്ഞാൽ മാത്രമേ അത് നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുകയുള്ളൂ അതുകൊണ്ട് നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങളുടെ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ച് വരികയായിരുന്നല്ലോ ആദ്യം നമ്മൾ രണ്ടാഴ്ച ദൈവവചനം അതിൻ്റെ ആധികാരികത അതിനെ പല കാര്യങ്ങളിലൂടെ നമ്മൾ ചിന്തിച്ചു അതിനുശേഷം രണ്ടാഴ്ച ദൈവത്വത്തെക്കുറിച്ച് ബൈബിൾ മുന്നോട്ട് വയ്ക്കുന്ന ദൈവസങ്കല്പം ത്രിയേകത്വം അതിനെക്കുറിച്ചും അതിനെക്കുറിച്ച് ഇന്ന് ഉയരുന്ന സംശയങ്ങളെക്കുറിച്ചും ഒക്കെ ചുരുക്കമായിട്ട് നമ്മൾ ചിന്തിക്കുകയായിരുന്നു ഇന്ന് നമുക്ക് പാപം എന്ന് പറയുന്ന ആ വിഷയത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം നമുക്ക് ഇതിനാധാരമായിട്ട് പാപത്തെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗം റോമർ കെഴുതിയ ലേഖനം അഞ്ചാമധ്യായം അഞ്ചാമധ്യായത്തിൻ്റെ പന്ത്രണ്ട് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ റോമറഞ്ചിൻ്റെ പന്ത്രണ്ട് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പാപം എങ്ങനെയാണ് വന്നത് എന്നുള്ളതിനെക്കുറിച്ച് അവിടെ നമ്മൾ പ്രത്യേകിച്ച് അതിൻ്റെ അഞ്ചിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം അവിടെ തുടങ്ങുന്നത് ഇങ്ങനെയാണ് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു എന്ന് പറഞ്ഞാണ് അത് ആരംഭിക്കുന്നത് പ്രിയപ്പെട്ടവർ അപ്പോൾ ഈ പാപമെന്നോ മരണമെന്നോ പറയുന്നത് ദൈവത്തിൻ്റെ ഒരു സൃഷ്ടിയല്ല ലോകത്തിലെ ഉള്ള കാര്യങ്ങളൊക്കെ ബാക്കി ഈ കാര്യങ്ങളൊക്കെ ഈ ദൈവത്തിൻ്റെ സൃഷ്ടിയാണെങ്കിലും പാപവും മരണവും അത് ദൈവത്തിൻ്റെ ഒരു സൃഷ്ടിയല്ല ദൈവം കൊണ്ടുവന്നതല്ല മറിച്ച് പാപവും മരണവും അത് ലോകത്തിൽ കടന്നതാണ് കടക്കാൻ കാര്യം എങ്ങനെയാണ് അവിടെ തന്നെ പറയുന്നു ഏകമനുഷ്യനാൽ ഏകമനുഷ്യൻ ആ ഏകമനുഷ്യൻ ആരാണ് നമ്മൾ ഏഷ്യാവിൻ്റെ പുസ്തകം നാല്പത്തി മൂന്നിൻ്റെ ഇരുപത്തി ഏഴ് വായിക്കുമ്പോൾ അവിടെ ദൈവം ഇസ്രായേൽ മക്കളോട് പറയുന്നു നിൻ്റെ ആദ്യ പിതാവ് പാപം ചെയ്തു അപ്പം കണ്ടോ പാപം ദൈവത്തിൻ്റെ സൃഷ്ടിയല്ല മാനവകുലത്തിലെ ആദ്യ പിതാവ് പാപം ചെയ്തതുകൊണ്ടാണ് ആ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടക്കാനിടയായത് നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകം രണ്ടാമധ്യായം അതിൻ്റെ പതിനാറ് പതിനേഴ് വാക്യങ്ങളിൽ ദൈവം ആദത്തെ സൃഷ്ടിച്ച് തോട്ടത്തിലാക്കിയിട്ട് ദൈവം മനുഷ്യനോട് ഇങ്ങനെ പറഞ്ഞു യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചത് എന്തെന്നാൽ തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്കിഷ്ടം പോലെ തിന്നാം എന്നാൽ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത് തിന്നുന്ന നാളിൽ നീ മരിക്കും എന്ന് ദൈവം ഒരു അവന് ഒരു വിലക്ക് ഏർപ്പെടുത്തുന്നത് നമ്മൾ ഉൽപ്പത്തി രണ്ടിൻ്റെ പതിനാറ് പതിനേഴിൽ കാണാൻ കഴിയും അതായത് മനുഷ്യനെ ദൈവം അവന് തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഇച്ഛ ഇതൊക്കെ ഉള്ളവനായിട്ടാണ് സൃഷ്ടിച്ചത് അല്ലാതെ അവനെ ഒരു മൃഗങ്ങളെപ്പോലെയോ അല്ലെങ്കിൽ മറ്റേ ഒരു റോബോട്ടിനെ പോലെയോ ഒന്നും അല്ല സൃഷ്ടിച്ചത് അവന് സ്വതന്ത്രമായിട്ട് ചിന്തിച്ച് തീരുമാനമെടുക്കാനുള്ള ആ ഇച്ഛ അവന് നൽകിയിരുന്നു അപ്പോൾ അവൻ്റെ ഇച്ഛയെ അവന് ഉപയോഗിക്കാൻ വേണ്ടി ദൈവം ഒരു കൽപ്പനയും നൽകി ഒരു കൽപ്പന ഉണ്ടായാൽ മാത്രമാണല്ലോ നമുക്ക് ഒരു തിരഞ്ഞെടുപ്പിനുള്ള സ്വാതന്ത്ര്യം ആ കൽപ്പന അനുസരിക്കണോ വേണ്ടായോ എന്നുള്ള തിരഞ്ഞെടുപ്പിനുള്ള സ്വാതന്ത്ര്യം ഉള്ളത് റോഡിൻ്റെ വലതുവശം ചേർന്ന് നടക്കണം എന്നൊരു കൽപ്പന ഉള്ളത് നമുക്കത് നമ്മുടെ വില് ഉപയോഗിച്ച് അത് തിരഞ്ഞെടുത്ത് അതനുസരിക്കാൻ നമുക്കൊന്നുകിൽ തിരഞ്ഞെടുക്കാം അല്ലെങ്കിൽ അനുസരിക്കാതിരിക്കാനും നമുക്ക് തിരഞ്ഞെടുക്കാം അപ്പം ചുരുക്കത്തിൽ മനുഷ്യനോട് ഈ നിലയിൽ ഉൽപ്പത്തി രണ്ടിൻ്റെ പതിനാറ് പതിനേഴിൽ ദൈവം ഈ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്കിഷ്ടം പോലെ തിന്ന എന്നാൽ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത് തിന്നുന്ന നാളിൽ നീ മരിക്കും എന്ന് പറഞ്ഞ് അവൻ്റെ മുമ്പിൽ കാര്യങ്ങൾ വളരെ വ്യക്തതയോടെ വെച്ചു അവൻ എന്ത് വേണമായിരുന്നു അവൻ്റെ ഇച്ഛയെ അവന് ആ നിലയിൽ ഉപയോഗിച്ച് ദൈവത്തിൻ്റെ കല്പനയെ തിരഞ്ഞെടുക്കണമായിരുന്നു എന്നാൽ നമുക്ക് അറിയാം പിശാജവരെ ചതിച്ചു അവരെ ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണുവാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യൂ എന്ന് അത് ആ സ്ത്രീ ഫലം പറിച്ചു തിന്നു ഭർത്താവിനും കൊടുത്തു അവനും തിന്നു അങ്ങനെയാണ് അങ്ങനെയാണ് പാപം വന്നതും പാപത്തിൻ്റെ ഫലമായിട്ട് മരണവും തിന്നുന്ന നാളിൽ നീ മരിക്കും അപ്പോൾ നോക്കുക നമ്മൾ റോമർ അഞ്ചിൻ്റെ പന്ത്രണ്ടിൽ വായിച്ചതുപോലെ ഏക മനുഷ്യനാൽ നിൻ്റെ പിതാവ് ആദ്യ പിതാവ് അതായത് ആദത്താൽ ആ ആദ്യ കുടുംബത്താൽ എന്ത് സംഭവിച്ചു പാപം കടന്നു അതിൻ്റെ ഫലമായിട്ട് മരണവും വന്നു അപ്പം നമ്മൾ കണ്ടു ഏകന് മൂലം പാപം വന്നു എന്നാൽ നമ്മൾ ചിന്തിച്ച ചിന്തിക്കുന്ന ഭാഗം റോമറഞ്ചിൻ്റെ പന്ത്രണ്ട് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള ഭാഗങ്ങൾ നോക്കുമ്പോൾ അവിടെ ഏകൻ എന്ന പ്രയോഗം പന്ത്രണ്ട് വട്ടം ആവർത്തിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ഏകൻ അത് കേവലം ആദവിനെ മാത്രം ഉദ്ദേശിച്ചല്ല ഏകൻ എന്ന് പറയുന്നത് മറിച്ച് ഈ ഏകനായ ആദവം കൊണ്ടുവന്ന പാപത്തിനും മരണത്തിനും പരിഹാരം വരുത്തിയതും ഒരു ഏകനാണ് അതാരാണ് യേശു ക്രിസ്തു എന്ന ഏകൻ മൂലം അങ്ങനെ ഇതിൻ്റെ അകത്ത് നമ്മൾ റോമർ അഞ്ചിൻ്റെ പന്ത്രണ്ട് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ ഈ ആദമിൻ്റെയും കർത്താവിൻ്റെയും പാപം കൊണ്ടുവന്ന ഏകമനുഷ്യൻ പാപവും മരണവും കൊണ്ടുവന്ന ഏക മനുഷ്യൻ ആദം പകരം ജീവനും ആ നിലയിൽ പ്രത്യാശയും കൊണ്ടുവന്ന ഏകൻ കർത്താവായ യേശു ഇവരെ മാറി മാറി പറഞ്ഞിരിക്കുക നമ്മൾ ആ ഭാഗം ഒന്ന് സൂക്ഷിച്ചു നോക്കുമ്പോൾ അഞ്ചിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം നമ്മളിപ്പോൾ ചിന്തിച്ചു ഏകമനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും അത് ആദത്തെക്കുറിച്ചാണ് അതിൻ്റെ അഞ്ചിൻ്റെ പതിനഞ്ചിൽ ഏകൻ്റെ ലംഘനത്താൽ അനേകർ മരിച്ചു ആദത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുക എന്നാൽ അഞ്ചിൻ്റെ പതിനഞ്ച് നോക്കുക ഏക മനുഷ്യനായി യേശുക്രിസ്തുവിൻ്റെ കൃപയാ കൃപയാലുള്ള ദാനം അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു കർത്താവ് ഇതിന് പരിഹാരം കൊണ്ടുവന്നതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു അഞ്ചിൻ്റെ പതിനാറിൽ ഏകൻ പാപം ചെയ്തതിൻ്റെ ഫലം എന്ന് പറഞ്ഞ് ആദം പാപം ചെയ്തതിനെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നു അഞ്ചിൻ്റെ പതിനാറിൽ തന്നെ ഏകൻ്റെ പാപം അത് ശിക്ഷാവിധി കൊണ്ടുവന്നു ശിക്ഷാവിധി കൽപ്പാൻ ഹേതുവായി തീർന്നു എന്നഞ്ചിൻ്റെ പതിനാറിൽ പറയുന്നു അഞ്ചിൻ്റെ പതിനേഴിൽ വീണ്ടും ആദത്തിൻ്റെ ഏകൻ്റെ ലംഘനത്താൽ മരണം വന്നു എന്ന് അഞ്ചിൻ്റെ പതിനേഴിൽ കാണുന്നു എന്നിട്ട് അഞ്ചിൻ്റെ പതിനേഴിൽ വീണ്ടും പറയുന്നു ആ ഏകൻ നിമിത്തം എന്ത് സംഭവിച്ചു മരണം വാണു മരണം സകല മനുഷ്യരിലും മാനവകുലത്തിൽ വാണും അതുപോലെ അഞ്ചിൻ്റെ പതിനേഴിൽ ഏ എന്നാൽ അതിന് പരിഹാരമായിട്ട് യേശുക്രിസ്തു എന്ന ആ ഏകൻ നിമിത്തം ജീവനിൽ വാഴും കണ്ടോ ആദം മരണം കൊണ്ടു വന്നു ജീവൻ കൊണ്ടുവന്നു അപ്പോൾ അഞ്ചിൻ്റെ പതിനേഴിൽ മൂന്ന് വട്ടം ഏകൻ എന്നുള്ള പ്രയോഗമുണ്ട് അഞ്ചിൻ്റെ പന്ത്രണ്ടിൽ ഏകൻ എന്നൊരു വട്ടം അഞ്ചിൻ്റെ പതിനഞ്ചിൽ രണ്ട് വട്ടം നമ്മൾ കാണുന്നു ഏകൻ എന്നുള്ള പ്രയോഗം അഞ്ചിൻ്റെ പതിനാറിൽ രണ്ട് വട്ടം കാണുന്നു അഞ്ചിൻ്റെ പതിനേഴിൽ മൂന്ന് വട്ടം കാണുന്നു അഞ്ചിൻ്റെ പതിനെട്ടിൽ ഏകലംഘനത്താൽ സകലർക്ക് ശിക്ഷാവിധി വന്നതുപോലെ ആദത്തിൻ്റെ ലംഘനത്തെക്കുറിച്ചാണ് പറയുന്നത് അഞ്ചിൻ്റെ പതിനെട്ടിൽ തന്നെ അതിൻ്റെ മറുവശം ഏകനീതിയാൽ സകലർക്കും നീതീകരണം വന്നു കർത്താവിൻ്റെ കൊണ്ടുവന്ന കർത്താവിൻ്റെ നീതിയെക്കുറിച്ചാണ് ഏകനീതിയാൽ അപ്പം അഞ്ച് പതിനെട്ടിലെ രണ്ട് വട്ടം ഏകൻ വന്നു അഞ്ചിൻ്റെ പത്തൊൻപതിൽ ഏക മനുഷ്യൻ്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ആദത്തിൻ്റെ കാര്യമാണ് അവിടെ പറയുന്നത് അഞ്ചിൻ്റെ പത്തൊൻപതിൽ തന്നെ അതിൻ്റെ മറുവശവും പറയുന്നു ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായിത്തീരും അപ്പം നോക്കിയാൽ കണ്ടോ പന്ത്രണ്ട് വട്ടം ഏകൻ ഏകൻ ഏകൻ എന്ന് പറയുന്നുണ്ട് അത് ഒരു വശത്ത് ആദം ചെയ്ത യേശു മറുവശത്ത് ചെയ്ത അതിനുള്ള പരിഹാരം ഇതിനെയാണ് ആവർത്തിച്ച് പറയുന്നത് നമ്മൾ ആ ഭാഗസൂക്ഷ്മമായിട്ട് വായിച്ചാൽ ആ പാപവും മരണവും ലോകത്തിൽ കടന്നതും യേശു അതിന് പ്രതിവിധി കൊണ്ടുവന്നതും നമുക്കവിടെ കാണാനായിട്ട് കഴിയും എന്നിട്ട് ഈ പാപം എങ്ങനെയാണ് വന്നത് അനുസരണക്കേട് ലംഘനവും മൂലമാണ് വന്നത് ദൈവം ചിലത് ചെയ്യരുത് എന്ന് പറഞ്ഞു ആ ചെയ്യരുതെന്ന് പറഞ്ഞത് ലംഘിച്ചു അനുസരണക്കേട് കാട്ടി അതിൻ്റെ ഫലമായിട്ടാണ് പാപം വന്നത് എന്ന് മാത്രമല്ല ഈ പാപം എല്ലാവരിലും മാനവകുലത്തിൽ മുഴുവൻ പരക്കുകയും മാനവകുലത്തിൽ മുഴുവൻ വാഴുകയും ചെയ്തു എന്ന് നമ്മൾ കാണുന്നു നമ്മൾ ഒന്ന് കോരും പതിനഞ്ചിൻ്റെ ഇരുപത്തിരണ്ടി നോക്കുക ആദമിൽ എല്ലാവരും മരിക്കുന്നത് കണ്ടോ ആദം ചെയ്ത പാപത്തിൻ്റെ ഫലമായിട്ട് മരിക്കുന്നു അതുപോലെ ക്രിസ്തുവിൽ ക്രിസ്തുവിനെ വിശ്വസിക്കുന്ന എല്ലാവരെയും ജീവിപ്പിക്കപ്പെടും അപ്പോൾ പാപവും മരണവും ഈ ലോകത്തിൽ കടന്നതാണ് ദൈവം അതിന് തൻ്റെ പുത്രനിലൂടെ പ്രതിവിധി വരുത്തി ഈ പാപത്തെക്കുറിച്ചാണല്ലോ നമ്മളെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പാപം എന്തു ഈ പാപം മനുഷ്യനെ ദൈവത്തോട് അടുത്ത സംസർഗം ഉണ്ടായിരുന്ന മനുഷ്യനെ ദൈവത്തിൽ നിന്നും മാറ്റി അവനെ വളരെ പരിതാപകരമായ സ്ഥിതിയിൽ മുടിയൻ പുത്രൻ്റെ അനുഭവം ലൂക്കോസിൻ്റെ സുവിശേഷം പതിനഞ്ചിൻ്റെ പതിനൊന്ന് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളിൽ ധൂർത്തപുത്രൻ്റെ ആ അവന് പിതാവിനെ വിട്ടുപോയതിൻ്റെ കാരണങ്ങളും ആ പാപം അവനിൽ കൊണ്ടുവന്ന അരക്ഷിതാവസ്ഥയും ഒരു ഏഴ് കാര്യങ്ങളെങ്കിലും നമുക്ക് അക്കം ഇട്ടു പറയാൻ കഴിയും ഈ ധൂർത്തപുത്രൻ്റെ അനുഭവം എന്തുകൊണ്ടാണ് അവൻ അങ്ങനെ വിട്ടുപോയത് പാപം എന്തുകൊണ്ടാണ് കടന്നത് അവൻ്റെ സ്വാർത്ഥത മൂലമാണ് സെൽഫിഷ്നസ് മൂലമാണ് അതുപോലെ അവൻ്റെ തന്നിഷ്ടം മൂലമാണ് സെൽഫ് വില് മൂലമാണ് ഇതിൻ്റെ ഫലമായിട്ട് എന്തുണ്ടായി പിതാവിൽ നിന്നുള്ള വേർപിരിവൽ ഉണ്ടായി സെപ്പറേഷൻ ഉണ്ടായി നാലാമത് അവന് ഫോഗ ഉണ്ടായി സെൻഷാലിറ്റി അത് നമ്മൾ കാണുന്നു അഞ്ചാമത് അവന് സ്പിരിച്വൽ ഡെസ്റ്റിറ്റ്യൂഷൻ ആത്മീയ പാപ്പരത്വം അവൻ്റെ ജീവിതത്തിലുണ്ടായി ആറാമത് സെൽഫ് എബേസ്മെൻറ്റ് അപമാനത്തിന് സ്വയം അവനേൽപ്പിച്ചു കൊടുത്തു കണ്ടോ പന്നിയെ തീറ്റാനും ഒക്കെയുള്ള കാര്യത്തിനായിട്ട് അവമാനത്തിന് അവൻ സ്വയം ഏൽപ്പിച്ചു കൊടുത്തു ഏഴാമതായിട്ട് സ്റ്റാർവേഷൻ പട്ടിണി നമ്മൾ പറഞ്ഞത് ഈ തൂർത്തപുത്രനിൽ അവനിൽ ആ പിതാവിൽ നിന്നുള്ള വേർപെട്ടവൻ അവന് അനുസരണക്കേട് കാട്ടി പിതാവിനെ വിട്ടു പോയതിൻ്റെ ഫലമായിട്ട് അവൻ്റെ സ്വാർത്ഥതയും തന്നിഷ്ടത്തിൻ്റെയും ഫലമായിട്ട് പിതാവിൽ നിന്നുള്ള വേർപാടുണ്ടായി അവനെ അപമാനത്തിൽ കിടക്കേണ്ടി വന്നു പട്ടിണിയിലാകേണ്ടി വന്നു ഈ മാനവകുലവും ഇതുപോലെ തന്നെ ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചതിൻ്റെ ഫലമായിട്ട് അവർ ആത്മീയ പാപ്പരത്വത്തിൽ വീണുപോയി ദൈവത്തിൽ നിന്ന് അകന്നുപോയി ദൈവത്തിൽ നിന്ന് സെപ്പറേഷൻ ഉണ്ടായി പക്ഷെ ഇത് മാറ്റാനായിട്ട് ആ ഏകൻ്റെ ലംഘനത്തിന് പകരമായിട്ട് കർത്താവായ യേശുക്രിസ്തു എന്ന ഏകന് മൂലം അതിന് പരിഹാരവും ദൈവം വരുത്തി ഇതിൻ്റെ ഒരു നഖചിത്രമാണ് നമ്മൾ റോമർക്ക് എഴുതിയ ലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ പന്ത്രണ്ട് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് നമുക്ക് കർത്താവ് കൊണ്ടുവന്ന ഈ പാപരിഹാരത്തിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം പ്രിയപ്പെട്ടവരെ ബൈബിള് മുന്നോട്ട് വയ്ക്കുന്ന ആ പാവസങ്കല്പത്തെക്കുറിച്ച് അടിസ്ഥാനത്തിൽ നമ്മൾ ചിന്തിക്കുകയായിരുന്നല്ലോ നമ്മൾ പ്രാരംഭമായിട്ട് കണ്ടത് ഇത് ഏകമനുഷ്യനാൽ ലോകത്തിൽ കടന്ന ഒരു കാര്യമാണ് ദൈവം ചെയ്യരുത് എന്ന് പറഞ്ഞ ഒരു കാര്യം അവനവൻ്റെ സ്വാതന്ത്ര്യ ഇച്ഛയിൽ അതനുസരിക്കാതിരിക്കാൻ അവൻ തീരുമാനമെടുത്ത് അങ്ങനെ അത് കല്പനയെ ലംഘിച്ചത് കൊണ്ടാണ് അങ്ങനെയാണ് ഭൂമിയിൽ ലോകത്തിലാദ്യമായിട്ട് പാപവും മരണവും കടന്നത് കർത്താവായി യേശു ക്രിസ്തുവിനെ കാല ഭൂമിയിൽ വിട്ട് അതിന് ദൈവം പരിഹാരം വരുത്തി ഇതിൻ്റെ രണ്ടിൻ്റെയും മാറി മാറി വരുന്ന ആദം പാപം ചെയ്യുന്നു കർത്താവ് പരിഹാരം വരുത്തുന്നു ഇങ്ങനെ മാറി മാറി വരുന്ന ഒരു ചിത്രമാണ് നമ്മൾ റോമർ കെഴുതിയ അഞ്ചാം അധ്യായത്തിൻ്റെ പന്ത്രണ്ട് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നത് എന്നാണ് നമ്മൾ ചിന്തിച്ചത് നമുക്ക് ലോകത്തിലെ പാപം കടന്നതിനെക്കുറിച്ച് നമ്മളങ്ങനെ പറഞ്ഞു അതിൻ്റെ പരിഹാരത്തെക്കുറിച്ചും പറഞ്ഞു നമ്മളോടുള്ള ബന്ധത്തിൽ ഈ പാപം ഈ പാപസങ്കല്പത്തെ നമുക്ക് കുറച്ചുകൂടെ അടുത്ത് നിന്ന് കാണാം ആദം പാപം ചെയ്തു ആദ്യമ മനുഷ്യൻ പാപം ചെയ്തു അതിൻ്റെ ഫലമായിട്ട് ലോകത്തിലെ എല്ലാ മനുഷ്യരിലും ആ നിലയിൽ പാപം കടന്നു പാപം അന്ന് മുതൽ വാഴുന്നു ജന്മനാ നമ്മൾ ആ നിലയിലൊരു ആ പാപത്തിലാണ് മനുഷ്യൻ പിറക്കുന്നത് ദാവീത തൻ്റെ സങ്കീർത്തനത്തിൽ പറയുന്നുണ്ടല്ലോ പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു പാപത്തിലാണ് മനുഷ്യൻ പിറന്നു വീഴുന്നത് എന്നാൽ കർത്താവിൻ്റെ ആ രക്ഷണ പ്രവൃത്തിയെ വിശ്വാസത്താൽ സ്വീകരിച്ച് അതിൽ നിന്ന് നമ്മുടെ ഇച്ഛ നമുക്ക് ഉപയോഗിച്ച് അത് കർത്താവ് ഒരുക്കിയിരിക്കുന്ന രക്ഷയെ സ്വീകരിച്ച് നമുക്ക് ജീവനിലേക്ക് കടക്കാം നേരത്തെ കണ്ടല്ലോ ആദം അവൻ്റെ ഇച്ഛയെ തെറ്റായിട്ട് ഉപയോഗപ്പെടുത്തിയാണ് ദൈവകൽപ്പന ലംഘിച്ച് പാപത്തിൽ വീണതെങ്കിൽ ഇന്ന് നമുക്ക് നമ്മുടെ ഇച്ഛയെ ദൈവം വെച്ചിട്ടുള്ള ആ നിത്യജീവനെ സ്വീകരിക്കാനായിട്ട് നമുക്ക് ഏൽപ്പിച്ചു കൊടുത്ത് അങ്ങനെ നമുക്ക് ദൈവമക്കളായി തീരാനായിട്ട് കഴിയും നമുക്ക് ഈ കാര്യങ്ങളെല്ലാം അറിയാം എങ്കിലും പാപം സംബന്ധിച്ച് മൂന്ന് കാര്യങ്ങൾ അതെന്താണ് എങ്ങനെയാണ് ഏതൊക്കെയാണ് പാപം എന്നുള്ളത് നമ്മുടെ ദൈനംദിന ജീവിതത്തോട് ചേർത്ത് നമുക്ക് വളരെ വേഗത്തിൽ ചില കാര്യങ്ങൾ നോക്കാം പാപമെന്ന് പറയുന്നത് അതിൻ്റെ പുതിയ നിയമത്തിൽ വരുമ്പോൾ അത് പാപമുണ്ടാകുന്നതിന് മൂന്ന് കാര്യങ്ങൾ മൂന്ന് തരത്തിലുള്ള രീതിയിൽ അത് പറയുന്നുണ്ട് ഒന്നാമത് നമ്മൾ നോക്കുക ഒന്ന് യോഹൻ ഞാൻ മൂന്നിൻ്റെ നാലാമത്തെ വാക്യം പാപം ചെയ്യുന്നവനെല്ലാം അധർമ്മവും ചെയ്യുന്നു പാപം അധർമ്മം തന്നെ എവരി വൺ ഹു പ്രാക്ടീസസ് സിൻ ഓൾസോ പ്രാക്ടീസസ് ലോ ലെസ്നസ് ആൻഡ് സിൻ ഈസ് ലോലെസ്നസ് അതായത് ഒരു നിയമമുണ്ട് ഒരു ധർമ്മമുണ്ട് ആ ധർമ്മത്തിനെതിരെ ആ നിയമത്തിനെതിരെ നിയമത്തെ നിഷേധിച്ച് ചെയ്യുമ്പോഴാണ് പാപമുണ്ടാകുന്നത് എന്നുവെച്ചാൽ നമ്മൾ ദൈവം വച്ചിരിക്കുന്ന കൽപ്പനകൾക്കെതിരെയേ ചിലത് ചെയ്യുമ്പോഴാണ് പാപമുണ്ടാകുന്നത് ഏത് അധർമ്മം ധർമ്മത്തിന് വിരുദ്ധമായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് പാപമാകുന്നത് ഒന്ന് യോഹ ഞാൻ അഞ്ചിൻ്റെ പതിനേഴും പറയുന്നു ഏത് അനീതിയും പാപമാകുന്നു നീതിയായിട്ട് ജീവിക്കാൻ ദൈവം നമുക്ക് ചുറ്റും ഒരു വൃത്തം വരച്ചിട്ടുണ്ട് അത് ലംഘിച്ച് അതിനപ്പുറത്തേക്ക് അനീതിയിലേക്ക് പോകുമ്പോഴാണ് അനീതി ചെയ്യുമ്പോഴാണ് പാപമാകുന്നത് അപ്പോൾ ചുരുക്കത്തിൽ നമ്മളിവിടെ കണ്ടത് പാപത്തിൻ്റെ ഒരു നിർവചനമെന്ന് പറയുന്നത് തെറ്റായിട്ട് ചെയ്യുന്നതാണ് പാപം നീതിയുടെ അതിരി ലംഘിക്കുന്നതാണ് തെറ്റായിട്ട് ചിലത് ചെയ്യുന്നതാണ് പാപം സിൻ ഓഫ് കമ്മീഷൻ എന്ന് പറയും നമ്മൾ ചെയ്ത് ദൈവത്തിൻ്റെ കൽപ്പനയ്ക്കെതിരെ ചെയ്യുന്നതാണ് പാപം അതുകൊണ്ടാണല്ലോ യശയ്യാവ് നാൽപ്പത്തി മൂന്ന് ഇരുപത്തി ഏഴിൽ നിൻ്റെ ആദ്യ പിതാവ് പാപം ചെയ്തു ആദമെന്താ ചെയ്തത് ആ ആദമുഹവയും ആ പഴം പറിച്ചു തിന്നു അങ്ങനെ ചെയ്താണ് അവർ സിൻ ഓഫ് കമ്മീഷൻ പാപമെന്ന് പറയുന്നത് അങ്ങനെ ചെയ്യരുതെന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ പാപമായി എന്നാൽ പാപത്തിൻ്റെ മറ്റൊരു നിർവചനം നമ്മൾ പുതിയ നിയമത്തിൽ നിന്ന് കാണുന്നത് സിൻ ഓഫ് ഒമിഷൻ ചെയ്യണമെന്ന് ദൈവം പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതും പാപമാണ് ഉദാഹരണത്തിന് യാക്കോവിൻ്റെ ലേഖനം നാലാം അധ്യായത്തിൻ്റെ പതിനേഴ് നോക്കുക അവിടെ നമ്മൾ വായിക്കുന്നത് നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തവന് അത് പാപം തന്നെ ഏ എന്നുവച്ചാൽ നന്മ ചെയ്യുവാൻ നമുക്ക് സാധ്യത ഉണ്ടായിട്ട് നമ്മളത് ചെയ്യാതിരിക്കുന്നു ഇവിടെ അതിർ ലംഘിച്ചൊന്നും ചെയ്യുന്നില്ല പക്ഷേ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ചെയ്യുന്നില്ല One who does not do it, it is sin. That's what we have heard. He said, what to do is sin of commission, sin of commission, sin of omission. He said, what to do is sin of commission. In our history of 23rd century, we have called Jesus Christ, that's what we have called, we have called Shastra and Parishan. What? പതാരം കൊടുക്കുകയൊക്കെ ചെയ്യുന്നു അവരത് ചെയ്യുന്നുണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ മറ്റു ചില നല്ല കാര്യങ്ങൾ ന്യായം കരുണ വിശ്വസ്തത തുടങ്ങിയ ഖനമേറിയ കാര്യങ്ങൾ അവർ ചെയ്യാതിരിക്കുമ്പം അവര് പാപം ചെയ്യുകയാണ് അവരതിനെ ന്യായം കരുണ വിശ്വസ്തത എന്നീ ഖനമേറിയ കാര്യങ്ങളെ അവര് നെഗ്ലക്റ്റ് ചെയ്യുന്നു അവഗണിക്കുന്നു അതുകൊണ്ട് കർത്താവ് അവിടെ പറയുന്നു മത്തായി ഇരുപത്തി മൂന്നിൻ്റെ ഇരുപത്തി മൂന്ന് അവസാനിപ്പിക്കുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത് നിങ്ങൾ നല്ലത് കാര്യങ്ങൾ ചെയ്യുകയും വേറെ ചില കാര്യങ്ങൾ ത്യജിക്കാതിരിക്കുകയും വേണം ഡു നോട്ട് നെഗ്ലക്റ്റ് ഇറ്റ് കണ്ടോ പറഞ്ഞു വന്നത് സിൻ ഓഫ് ഒമിഷൻ നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരുന്നാലും അത് പാപമാണ് പാപമാണ് നമ്മളിതേ കാര്യം തന്നെ ലൂക്കോസിൻ്റെ സുവിശേഷം പതിമൂന്നിൻ്റെ ഏഴിൽ കർത്താവ് പറഞ്ഞ തോട്ടക്കാരൻ്റെ ഉപമയിൽ നമുക്ക് കാണാൻ കഴിയും അവിടെ ആ തോട്ടത്തിൻ്റെ ഉടമസ്ഥം വന്ന തോട്ടക്കാരനോട് ലൂക്കോസ് പതിമൂന്നിൻ്റെ ഏഴ് ഞാനിപ്പോൾ മൂന്ന് സംവത്സരമായി അത്തിയിൽ ഫലം തിരഞ്ഞു വരുന്നു കാണുന്നില്ലതാനും അതിനെ വെട്ടിക്കളകാം അത് നിലത്തെ നിഷ്ഫലമാക്കുന്നത് എന്തിന് അപ്പം കണ്ടോ ഈ അത്തി ചീത്ത ഫലങ്ങൾ എന്തെങ്കിലും കായ്ക്കോ ഒന്നും ചെയ്തില്ല എന്നാൽ കായ്ക്കേണ്ട ഫലം ഒട്ടത് കായച്ചതുമില്ല അപ്പം ചെയ്യേണ്ട നന്മ ചെയ്യാതിരിക്കുന്നതും എന്താണ് പാപമാണ് അത് നിലത്തെ നിഷ്ഫലമാക്കുന്നതാണ് അതിനെ വിട്ടിക്കളയാണ് വേണ്ടത് എന്ന് യജമാനൻ പറയുന്നു അപ്പോൾ കണ്ടോ നമ്മൾ പാപത്തിൻ്റെ രണ്ടാമത്തെ ഒരു നിർവചനമാണ് പറഞ്ഞത് ഒന്നാമത്തെ നിർവചനം തെറ്റായത് ചെയ്യുന്നതാണ് പാപം രണ്ടാമത്തേത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതും പാപമാണ് ഇതാണ് സിൻ ഓഫ് കമ്മീഷനും സിൻ ഓഫ് ഒമിഷനും എന്നാൽ നമ്മൾ ഇന്ന് നമ്മൾ ദൈവമക്കളായിട്ട് കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് അനുരൂപപ്പെട്ട് ജീവിക്കാനായിട്ട് വിളിച്ച നമുക്ക് പാപത്തിൻ്റെ മറ്റൊരു നിർവചനം കൂടെ നമുക്ക് വേണമെങ്കിൽ ബൈബിളിൽ നിന്ന് എടുത്ത് നമുക്ക് തന്നെ മുന്നോട്ട് പോകാനായിട്ടൊരു ചിന്ത നമുക്ക് അവിടെ നിന്ന് എടുക്കാം റോമർക്ക് എഴുതിയ ലേഖനം മൂന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി വാക്യമാണ് അവിടെ എന്താണ് നമ്മൾ വായിക്കുന്നത് എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായിത്തീർന്നു അപ്പോൾ എല്ലാവരും പാപം ചെയ്ത് ദൈവത്തേജസ് ഇല്ലാത്തവരായിത്തീർന്നു അപ്പം നമുക്ക് വേണമെങ്കിൽ പാപത്തിൻ്റെ മൂന്നാമത്തെ ഒരു നിർവചനം ഇങ്ങനെ എടുക്കാം ദൈവ കുറവായിട്ടുള്ളത് ദൈവം എന്തായിട്ട് കാണുന്നു പാപമായിട്ട് കാണുന്നു ദൈവത്തേജസ് എന്ന് പറഞ്ഞാൽ എന്താ വലിയവനായ ദൈവത്തിൻ്റെ ആ തേജസ് അത് നമുക്ക് യോഹനാൻ്റെ സുവിശേഷം ഒന്നിൻ്റെ പതിനാലിൽ നമ്മൾ കാണുന്നു ഈ ദൈവം നമുക്ക് കാണത്തക്കവണ്ണം മനുഷ്യനായിട്ട് വന്നു യേശുവായിട്ട് വന്നു വചനം ജഡമായി തീർന്നു കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായിട്ട് കണ്ടു അപ്പം ഈ ദൈവ എന്ന് പറയുന്നത് എന്താ കർത്താവായി യേശു തൻ്റെ ഭൂമിയിൽ തൻ്റെ ജീവിതത്തിൽ കാട്ടിയ തേജസ്സാണ് ജീവിതത്തിൽ ഈ ഭൂമിയിൽ കർത്താവ് ജീവിച്ചപ്പം കർത്താവിൻ്റെ മുഖത്ത് അങ്ങനെ വലിയ തേജസ്സൊന്നും അങ്ങനെ ആ നിലയിൽ ഒരു ഹാലോയൊന്നും ഉണ്ടായിരുന്നില്ല കാരണം അതുകൊണ്ടാണല്ലോ കർത്താവിനെ കാണിച്ചു കൊടുക്കാൻ ഇസ്കരിയോത്ത യൂതയ്ക്ക് അവർ മുപ്പത് വെള്ളിക്കാശ്ശൊടുക്കേണ്ടി വന്നത് ഈ പന്ത്രണ്ട് പതിമൂന്ന് ചെറുപ്പക്കാരിൽ നിന്ന് കർത്താവിനെ തിരിച്ചറിയത്തക്കോണ്ണം കർത്താവിൻ്റെ തലയ്ക്ക് ചുറ്റും ഒരു ഹാലോ ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു തേജസ്സൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ അവൻ്റെ തേജസ് ഏകജാതനായവൻ്റെ തേജസ്സായിട്ട് കണ്ടു എന്ന് പറയുമ്പോഴതെന്താണ് അതെന്ന് പറയുന്നത് കർത്താവിൻ്റെ സ്വഭാവമാണ് അപ്പോൾ നമുക്ക് റോമർ മൂന്നിൻ്റെ ഇരുപത്തി മൂന്നിനെയും യോഹന്നാൻ ഒന്നിൻ്റെ പതിനാലിനെയും താരതമ്യം ചെയ്ത് നമുക്കിങ്ങനെ പറയാം കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിൽ കുറവായിട്ടുള്ളത് നമ്മളെന്തായിട്ട് കാണാം നമുക്ക് പാപമായിട്ട് കാണാം ഏ യാക്കോബ് രണ്ടിൻ്റെ പത്തിലും പറയുന്നുണ്ടല്ലോ ഒരു തൻ ന്യായ പ്രമാണം മുഴുവൻ അനുസരിച്ച് നടന്നിട്ടും ഒന്നിൽ തെറ്റിയാൽ അവൻ സകലത്തിലും കുറ്റക്കാരനായിത്തീർന്നു അപ്പം നമുക്ക് ഇന്ന കർത്താവിൻ്റെ കാൽ ചുവടുകളെ അനുഗമിപ്പാനായിട്ട് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപപ്പെട്ട് ജീവിപ്പാനായിട്ട് ദൈവം നമ്മളെ വിളിച്ചപ്പോൾ നമുക്ക് പൂർണമായ അർത്ഥത്തിൽ ഈ ഭൂമിയിൽ കർത്താവിനെപ്പോലെ നൂറ് ശതമാനം ജീവിക്കാനായിട്ട് കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് പലപ്പോഴും നമ്മൾ പ്രകടമായ ചെയ്ത പാപങ്ങളോ ചെയ്യാതിരിക്കുന്ന പാപങ്ങളോ ഒന്നുമില്ലെങ്കിൽ പോലും അയ്യോ എനിക്ക് യേശുവിൻ്റെ ഒരു മനോഭാവം പുലർത്താനായിട്ട് കഴിഞ്ഞില്ല യേശുവിൻ്റെ തേജസ്സിൽ കുറവായിട്ടുള്ള ഒരു മനോഭാവമായിരുന്നു പെരുമാറ്റമായിരുന്നു ചിന്തയായിരുന്നു എനിക്കുള്ളത് അതുകൊണ്ട് അതൊരു പാപമായിട്ട് കണ്ട് നമുക്ക് നിരന്തരം ദൈവസന്നിധിയിൽ ഒരു അനുതാപത്തിൽ ജീവിക്കാനായിട്ട് കഴിയും അതുപോലെ തന്നെ മറ്റ് പാപം ചെയ്ത മറ്റ് ആളുകളെ വിധിക്കാതിരിക്കാനായിട്ട് നമുക്ക് കഴിയും പ്രിയപ്പെട്ടവർ നമ്മൾ ഈ മൂന്നാമത് പറഞ്ഞത് ദൈവ സ്വഭാവത്തിൽ പാപമായിട്ട് കണ്ടാൽ അത് നമുക്ക് കർത്താവിൻ്റെ കാഴ്ചവീടുകളെ പൂർണ്ണ മനോഭാവത്തോടെ ആ നിലയിൽ പിൻപറ്റാനുള്ള ഒരു ഗൗരവം നമുക്ക് തരും മറ്റാരെയും വിധിക്കാതെയും നമ്മൾ തന്നെ നികളമില്ലാതെയും ഒരു ഞാനൊരു വിശുദ്ധനാണ് എന്നൊരു നമ്മളെക്കുറിച്ച് തന്നെ ചിന്തിക്കാതെയും ഈ വഴിയിൽ പോകാനായിട്ട് ഈ കാര്യം നമ്മളെ സഹായിക്കും അപ്പോൾ പാപത്തിൻ്റെ മൂന്ന് നിർവചനങ്ങളാണ് നമ്മൾ പറഞ്ഞത് ഒന്ന് ചിലത് ചെയ്യരുതെന്ന് പറഞ്ഞ് ചെയ്യുന്നത് പാപമാണ് സിൻ ഓഫ് കമ്മീഷൻ ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുന്നത് പാപമാണ് സിൻ ഓഫ് ഒമിഷൻ മൂന്നാമത് നമ്മൾ പറഞ്ഞു ദൈവ തേജസ്സിൽ കുറവായുള്ളതൊക്കെയും പാപമാണ് എന്ന ഏറ്റവും സൂപ്പർലെറ്റീവായ നിർവചനം നമ്മളെടുത്ത് നമ്മൾ കർത്താവിൻ്റെ കാഴ്ചവൂടുകളെ പിൻപറ്റി നമുക്ക് മുന്നോട്ട് പോകാം അതുകൊണ്ട് ഈ പാപത്തിൻ്റെ മൂന്ന് നിർവചനങ്ങളും നമ്മുടെ മനസ്സിലുണ്ടാവണം പാപം ലോകത്തിൽ കടന്നതിനെക്കുറിച്ചും പാപത്തിൻ്റെ ഇന്ന് നമ്മൾ കാണുന്ന ആ ജീവിതത്തിലെ പാപത്തിൻ്റെ നിർവചനങ്ങളെക്കുറിച്ചും ഒക്കെയാണല്ലോ നമ്മൾ പറഞ്ഞത് ഇതിൽ ചെയ്യുന്നതും ചെയ്യാതിരിക്കുന്നതും പാപമാണ് എന്ന് ഇന്നത്തെ ക്രിസ്തീയ ലോകം ആ നിലയിൽ അംഗീകരിക്കുന്നുണ്ട് എന്നാൽ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിൽ കുറവായിട്ടുള്ളത് പാപമാണ് എന്നുള്ള ഏറ്റവും അതുല്യമായ ആ ഒരു നിർവചനം ഇന്ന് പലപ്പോഴും ക്രിസ്തീയ ലോകത്ത് പലർക്കും അവരുടെ കണ്ണുകൾക്ക് മറിഞ്ഞിരിക്കുന്നു എന്നാൽ കർത്താവിൻ്റെ സ്വരൂപത്തോട് അനുരൂപപ്പെട്ട് ജീവിപ്പാനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത് എന്ന ബോധ്യമുണ്ടെങ്കിൽ ഈ മൂന്നാമത്തെ നിർവചനം ദൈവ തേജസ്സിൽ കുറവായുള്ളത് യേശുവിൻ്റെ സ്വഭാവത്തിൽ ആ തേജസ്സിനോട് ചേർന്ന് നമ്മുടെ ജീവിതത്തിലെ മനോഭാവങ്ങളും ചിന്തകളും പെരുമാറ്റങ്ങളും ഒക്കെയും പാപമാണ് എന്നുള്ള നിലയിൽ തന്നെ എടുക്കുന്നത് നമ്മളെ സഹായിക്കും എന്നെല്ലാമാണ് നമ്മൾ പറഞ്ഞത് നമുക്ക് വളരെ വേഗത്തിൽ ഇന്ന് ഈ നിലയിൽ പാപം ഉണ്ടാകാതെ ജീവിക്കാൻ ഉള്ള തടസ്സം എന്താണ് എന്തുകൊണ്ടാണ് പലപ്പോഴും പാപം ആളുകളിൽ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ പാപം ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അതിൻ്റെ കാരണം നമ്മൾ കാണുമ്പോൾ നൂറ്റി പതിനൊന്നാം സങ്കീർത്തനത്തിൻ്റെ പതിനൊന്നാമത്തെ വാക്യം യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു അവയെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട് യഹോവ ഭക്തി എന്നുള്ളത് സത്യത്തിൽ നമ്മൾ ഇംഗ്ലീഷിൽ നോക്കുമ്പോൾ ഫിയർ ഓഫ് ഗോഡ് ദൈവഭയം ദൈവഭയമാണ് എന്ത് പാപത്തിൽ നിന്ന് നമ്മളെ മാറ്റി നിർത്തുന്നത് സദൃശ്യവാക്യം ഒന്നിൻ്റെ ഏഴിലും ദൈവഭയം യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ദൈവത്തെ യഥാർത്ഥത്തിൽ ഭയപ്പെട്ടാൽ നമ്മളെന്താകും നമ്മളെ ആക്കി വെച്ചിരിക്കുന്നിടത്ത് ഒരു നികളമൊന്നുമില്ലാതെ നമുക്ക് ദൈവം മുമ്പാകെ നമുക്ക് ജീവിക്കാനായിട്ട് കഴിയും ഈ ദൈവഭയം ഇല്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന വൃത്തത്തിന് പുറത്തേക്ക് പോയി നമ്മൾ നിഗളിക്കുകയും അങ്ങനെ പാപം ഉണ്ടാകുകയും ഒക്കെ ചെയ്യുന്നത് യോബിൻ്റെ പുസ്തകം ഇരുപത്തിയെട്ടിൻ്റെ ഇരുപത്തെട്ട് നോക്കുക കർത്താവിനോടുള്ള ഭക്തി തന്നെ ജ്ഞാനം എന്നുവെച്ചാൽ അവിടെയും നമ്മൾ ഭക്തി എന്ന് പറയുമ്പോൾ ഗോഡ്ലിനെസ് എന്നല്ല ഇവിടെയും റെഫറൻസ് ഫോർ ദ ലോഡ് ദൈവഭയം ദൈവഭയമാണ് സത്യത്തിൽ പാപത്തിൽ നിന്ന് നമ്മളെ മാറ്റി നിർത്തുന്നത് യശയാവിൻ്റെ പുസ്തകത്തിൽ അതുപോലെ ഹൃദയത്തെ കഠിനമാക്കുന്നതിൽ നിന്നും നമുക്ക് രക്ഷ തരുന്നതും ദൈവഭയമാണ് എന്നൊരു വാക്യമുണ്ട് അറുപത്തി മൂന്നിൻ്റെ പതിനേഴ് നോക്കുക നിന്നെ ഭയപ്പെടാതെണ്ണം ഹൃദയത്തെ കഠിനമാക്കുന്നത് അപ്പോൾ ഹൃദയകാഠിന്യത്തിൻ്റെ കാരണം ഹൃദയകാഠിന്യം ഉണ്ടായി നമ്മൾ പാപം ചെയ്യുന്നതിന് കാരണം എന്താ ദൈവഭയത്തിൻ്റെ അഭാവമാണ് യഥാർത്ഥത്തിലുള്ള ദൈവഭയം നമ്മളെ പാപത്തിൽ നിന്ന് മാറ്റി പാപത്തിൽ നിന്ന് മാറ്റി ഈ ദൈവഭയം ഇല്ലാത്തത് പലപ്പോഴും നമ്മൾ എന്താ എന്തു ചെയ്യുന്നത് നമ്മുടേതായ നമ്മളെക്കുറിച്ച് തന്നെയുള്ള ഉയർന്ന ചിന്തകളിൽ നമ്മളാകുന്നത് അതിനെ തുടർന്നാണ് നമ്മൾ എന്തു ചെയ്യുന്നത് പല കാണുന്ന പല തെറ്റുകളും ചെയ്യുന്നത് ഈ തെറ്റുകളെല്ലാം പാപമെല്ലാം അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് വാസ്തവത്തിൽ എന്തിലാണ് വാസ്തവത്തിൽ നികളത്തിലാണ് ഏത് പാപത്തെയും നമ്മൾ ആ നിലയിൽ അനലൈസ് ചെയ്ത് പോയാൽ നമ്മൾ എത്തിച്ചേരുന്നത് നികളത്തിലാണ് നമുക്ക് ബൈബിളിൽ പല ഭാഗങ്ങളും നമുക്കറിയാം നമ്മൾ നോക്കുക ദാനിയലിൻ്റെ പുസ്തകത്തിൽ ദാനിയലിൻ്റെ പുസ്തകത്തിൻ്റെ നാലാം അധ്യായത്തിൻ്റെ ഇരുപത്തിയൊൻപതാമത്തെ വാക്യത്തിൽ നമുക്കറിയാം നെബുക്കനേശ്വറിൻ്റെ കാര്യമാണ് നെബുഗനേശ്വറ് എന്ത് ചെയ്തു നെബുക്കുനേശ്വർ ബാബേലിലെ രാജമന്ദിരത്തിന്മേൽ ഉലാവിക്കൊണ്ട് ഇത് ഞാൻ എൻ്റെ ധനമാഹാത്മ്യത്താൽ എൻ്റെ പ്രതാപ മഹത്വത്തിനായി പണിത മഹതിയാം എന്ന് പറഞ്ഞു നോക്കുക അതിൻ്റെ അകത്ത് അവനവനെ തന്നെ ഉയർത്തുക നേരത്തെ ദൈവം അവനൊരു സ്വപ്നം നൽകി സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ വലിയൊരു വൃക്ഷത്തെ വെട്ടിയിട്ട് കളയും എന്നുള്ള കാര്യമൊക്കെ ഈ നെബുക്കനേസറിൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ സംഭവിക്കും എന്ന് ദൈവം മുന്നറിയിപ്പ് കൊടുത്തതാണ് ദാനിയയിൽ അതൊക്കെ വ്യാഖ്യാനിച്ചതാണ് എന്നിട്ടും ദൈവഭയമില്ലാതെ അവൻ ബാബേലിലെ രാജമന്ദിരത്തിലുലാവിക്കൊണ്ട് ഇത് ഞാൻ എൻ്റെ ധനമഹാത്മ്യത്താൽ എൻ്റെ പ്രതാപ മഹത്വത്തിനായി പണിത മഹതീയാം ബാബയിലല്ലയോ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ദൈവം എന്തു ചെയ്തു ദൈവം അവൻ്റെ മാറ്റി അവൻ എന്തായിത്തീർന്നു ഒരു മൃഗത്തെ പോലെയായി ഏഴ് വർഷം അവൻ ആ നിലയിലെ പുല്ല് തിന്നുകയും ഓ മനുഷ്യരുടെ ഇടയിൽ നിന്ന് പാർപ്പ് മാറ്റത്തക്കവണ്ണം അവൻ്റെ സ്വബുദ്ധി നഷ്ടപ്പെട്ടു എന്ന് നമ്മൾ വായിക്കുന്നു എന്താ നെബുഗ്നേശ്വറിനെ ആ നിലയിൽ ഒരു മൃഗത്തെ പോലെ ആക്കിയത് അവൻ്റെ നിഗളമാണ് നികളമാണ് അതുകൊണ്ട് അവസാനം ഈ ഏഴ് വർഷത്തിന് ശേഷം നെബുക്കനേശ്വറിന് ബോധോദയം ഉണ്ടായപ്പോൾ സുബോധത്തിലേക്ക് വന്നപ്പം അവനെ എല്ലാവർക്കും എഴുതുന്ന ഒരു പ്രബോധനം നാലിൻ്റെ മുപ്പത്തേഴാമത്തെ വാക്യം അത് അവസാനിക്കുന്നത് ഇങ്ങനെയാണ് ആ പ്രബോധനത്തിൽ അവസാനിക്കുന്നത് നിങ്ങളെല്ലാ തനിക്കുണ്ടായ കാര്യങ്ങളൊക്കെ നെബുഗ്നേശ്വർ രേഖപ്പെടുത്തിയിട്ട് പറയുന്നു ദൈവം ഇന്നും നടക്കുന്നവരെ താഴ്ത്തുവാൻ അവൻ പ്രാപ്തനാണ് അപ്പം നിഗളമാണ് പാപത്തിലേക്ക് നമ്മളെ നയിക്കുന്നത് എന്നുള്ളത് അവിടെ വ്യക്തമാണ് നികളിച്ച് നടക്കുന്നവരെ താഴ്ത്തുവാൻ അവൻ പ്രാപ്തൻ തന്നെ എന്ന് നെബുഗ്നേശ്വർ തൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ കണ്ടെത്തുകയാണ് ഇത് എന്നാൽ അതിൻ്റെ അടുത്ത അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ നെബുഗ്നേശ്വറിൻ്റെ മകനായ ബേൽഷെസർ എന്ത് ചെയ്തു ബേൽഷെസര് ഏ ദൈവത്തിൻ്റെ ആലയത്തിൽ നിന്നുള്ള ആ പാത്രങ്ങളൊക്കെ എടുത്ത് താനും തൻ്റെ വെപ്പാട്ടിമാരും തൻ്റെ മഹത്തുക്കളും ഒക്കെ കൂടെ വീഞ്ഞു കുടിക്കുന്നു ആ സമയത്ത് ഒരു കയ്യെഴുത്ത് മേനെ മേനെ തെക്കേൽ ഞാൻ നിന്നെ തൂക്കി നോക്കി കുറവുള്ളവനായി കണ്ടു തള്ളിക്കളഞ്ഞു എന്നുള്ള ആ എഴുത്ത് വന്നതുമൊക്കെ നമുക്ക് കാണാം അവിടെയപ്പോൾ ദാനിയലിനെ വിളിച്ച് ദാനിയൽ അത് വ്യാഖ്യാനിക്കുമ്പോൾ ദാനിയൽ എന്താ പറയുന്നത് ദാനിയൽ അഞ്ചിൻ്റെ ഇരുപത്തിരണ്ട് നോക്കുക ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ വളരെ വേഗത്തിൽ പറഞ്ഞു പോവുക അവിടെ ദാനിയയിലെ ബേൽശിസറിനോട് പറയുന്നു ഏഹ് നെബുഗ്നേശ്വറിൻ്റെ മകനായ ബേൽശിസറി നിന്റെ അപ്പനായ നെബുഗ്നേശ്വറിന് ഈ നിലയിൽ ഉണ്ടായതൊക്കെ അറിഞ്ഞിട്ടും തിരുമേനിയുടെ ഹൃദയത്തെ താഴ്ത്താതെ സ്വർഗസ്ഥനായ കർത്താവിൻ്റെ നേരെ തന്നെത്താൻ ഉയർത്തി ആലയത്തിലെ പാത്രങ്ങൾ എടുത്ത് വീഞ്ഞു കുടിക്കാനുമൊക്കെ ചെയ്തതുകൊണ്ട് എന്തു സംഭവിക്കും നീയെ ശത്രുക്കളുടെ മുമ്പാകെ തോറ്റുപോകും നീയെ നിൻ്റെ സാമ്രാജ്യം നഷ്ടമായി പോകും എന്നൊക്കെ അവിടെ പറയുന്നു അപ്പോൾ ബേൽഷെസറിനും പ്രശ്നം എന്തായിരുന്നു അവനെ ഹൃദയത്തെ താഴ്ത്തിയില്ല ദൈവത്തിൻ്റെ മുമ്പാകെ തന്നെത്താൻ ഉയർത്തി കണ്ടോ നിഗളമാണ് ഈ എല്ലാ പാപങ്ങളുടെയും തായ്വേര് എന്ന് നമ്മൾ നെബുഗനേസറിൻ്റെ ചരിത്രത്തിൽ നിന്നും ബേൽഷെസറിൻ്റെ ചരിത്രത്തിൽ നിന്നും പറയുകയായിരുന്നു പ്രിയപ്പെട്ടവരെ നമ്മൾ ബൈബിളിൻ്റെ നമ്മൾ ആദ്യത്തെ പാപം അതായത് ലൂസിഫർ ലൂസിഫർ കർത്താവിൻ്റെ ദൂതനായിരുന്ന ലൂസിഫറ് അവന് പാപത്തിൽ വീണതും എന്തുകൊണ്ടാണ് നികളത്തിലാണ് യശയ്യാവ് പതിനാലിൻ്റെ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ നോക്കുക അവിടെ ആ ലൂസിഫർ അരുണോദയപുത്രനായ ശുക്ര നീ എങ്ങനെ വെട്ടയേറ്റു നിലത്ത് വീണു അവിടെ ഒരിക്കലെ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ദൂതനായിരുന്നു ഈ ലൂസിഫർ അവൻ എങ്ങനെയാണ് പിശാജായി തീർന്നത് അതിൻ്റെ കാരണം അവിടെ പറയുന്നുണ്ട് ഞാൻ സ്വർഗത്തിൽ കയറും എൻ്റെ സിംഹാസനം നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും സമാഗമപർവ്വതത്തിൽ ഞാൻ ഇരുന്നരുളും മേഘോന്നതങ്ങൾക്ക് മീതെ കയറും ഞാൻ അത്യുന്നതനോട് സമനാകും ഈ ഭാഗങ്ങൾ നോക്കുക അവിടെയും അവൻ്റെ നിഗളമാണ് അവനെ ആ മാറ്റിയത് എസ് കെലിൻ്റെ പുസ്തകം ഇരുപത്തിയെട്ടിൻ്റെ പതിനൊന്ന് മുതൽ പതിനേഴ് വരെ ഇതേ കാര്യം തന്നെ ഈ ലൂസിഫറ് പിശാചായി തീർന്നത് സോർ രാജാവിനെക്കുറിച്ച് ഉള്ള ഒരു വിലാപം പോലെ എസ്കേലും അത് പറയുന്നുണ്ട് ഈ ലൂസിഫർ എന്തായിരുന്നു അവൻ ജ്ഞാനസമ്പൂർണനായിരുന്നു സൗന്ദര്യ സമ്പൂർണനായിരുന്നു ദൈവത്തിൻ്റെ തോട്ടമായ ഏതനിലായിരുന്നു പക്ഷേ എസ്കേൽ ഇരുപത്തെട്ടിൻ്റെ പതിനാറിൽ പറയുന്നു ഈ വ്യാപാരത്തിൻ്റെ പെരുപ്പം നിമിത്തം ഇവൻ്റെ അന്തർഭാഗ കൊണ്ട് നിറഞ്ഞു പാപം ചെയ്തു സൗന്ദര്യത്തിൻ്റെ നിമിത്ത ഹൃദയം ഗർവിച്ചു അങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ട് ദൈവം എന്തു ചെയ്തു അവനെ വെട്ടി താഴെയിട്ട് കളഞ്ഞു അവനെ അങ്ങനെ പിശാചായിത്തീർന്നു പ്രിയപ്പെട്ടവരെ നമ്മൾ പറഞ്ഞത് ഈ ഒന്നാമത്തെ പാപം പാപമെന്ന് പറയുന്നത് നമ്മളെ ഏതൻ തോട്ടത്തിൽ നമ്മുടെ പിതാവായ ആദം ചെയ്ത പാപത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് എന്നാൽ അതിനു മുമ്പ് ദൈവത്തോട് മത്സരിച്ച് അങ്ങനെ ലൂസിഫർ പിശാജായി തീർന്ന ഒരു പാപമുണ്ട് ആ പാപത്തിൻ്റെയും കാരണം എന്താണ് നിഗളമാണ് ആട്ടെ ഏതനില് ഏർ ആദം പാപം ചെയ്തതിന് കാരണമെന്താ ദൈവം അവൻ്റെ ചുറ്റും ചില അതിരി വെച്ചിരുന്നു അവന് ആ കാര്യം അവൻ്റെ ഭാര്യയായ ഹവയോട് പറഞ്ഞു എന്നാലും പിശാജിന്റെ പ്രലോഭനം ഉണ്ടായപ്പോൾ സാരമില്ല അതിൻ്റെ അപ്പുറത്തോട്ട് പോയി ഇത് തിന്മാൻ നല്ലതാണ് ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമാണ് നല്ല കാര്യം എനിക്കും അറിയാം എന്നുള്ള ഒരു നികളത്തിലാണ് അവള് പഴം പറിച്ചു തിന്ന് ഭർത്താവിനും കൊടുത്തത് ഭർത്താവും ദൈവത്തെ ഭയപ്പെടുന്ന ആളായിരുന്നെങ്കിൽ അയ്യോ ഞാനത് തിന്നുകയില്ല ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ടോ ഞാനത് തിന്നുകയില്ല എന്ന് പറയണമായിരുന്നു അതിന് ആ തിന്നാൽ എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം ഏത് പാപവും നികളത്തിലാണ് അതിൻ്റെ തായ്വേര് അതുകൊണ്ട് നോക്കുക ലൂസിഫറിനുണ്ടായ പാപമായാലും ആദമിനുണ്ടായ പാപമായാലും എല്ലാം ദൈവഭയമില്ലാതെ നികളിച്ചത് കൊണ്ടാണ് ജോസഫിനെക്കുറിച്ച് നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകം മുപ്പത്തൊൻപതിൻ്റെ ഒൻപത് അവനവിടെ പാപം ചെയ്യാവുന്ന ഒരു സാഹചര്യത്തിൽ അവനവിടെ ദൈവത്തെ കണ്ടു ദൈവത്തോട് ഞാൻ പാപം ചെയ്യുന്നത് എങ്ങനെ എന്ന് പറഞ്ഞാണ് പുത്തിഫറിൻ്റെ ഭാര്യയുടെ പ്രലോഭനത്തെ അവന് അതിജീവിക്കുന്നത് അതുപോലെ കണ്ടു റോമർക്കെഴുതിയ ലേഖനം നമ്മൾ ഒന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ അഭക്തിയുണ്ടായാൽ അഭക്തി അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും നേരെ ദൈവത്തിൻ്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു അപ്പം അഫക്തി അൺഗോഡ്ലിനെസ് ദൈവഭയമില്ലാത്തതാണ് പലപ്പോഴും പാപത്തിൽ വീഴാനായിട്ട് കാരണം റോമർ ഒന്നാം അധ്യായത്തിൽ അത് വിശദമായിട്ട് പറയുന്നുണ്ട് ഒന്നിൻ്റെ നോക്കുക ദൈവത്തെ ദൈവമെന്ന് ഓർത്ത് ദൈവഭയം പുലർത്തുകയോ ചെയ്യാത്തത് കൊണ്ടാണ് പാപം ഉണ്ടാകുന്നതെന്നും പാ പാപത്തിൽ വീഴുന്നതെന്നും ഒക്കെ അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ചുരുക്കത്തിൽ ഈ പാപമെന്ന് പറയുന്നത് ദൈവഭയത്തിൻ്റെ അഭാവം കൊണ്ടാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് പ്രത്യേകിച്ചും ചെറുപ്പക്കാരി യുവാക്കളുമൊക്കെയും ഈ വാക്യം സങ്കീർത്തനം നൂറ്റി പതിനൊന്നിൻ്റെ പതിനൊന്ന് ഓർത്തിരിക്കാൻ എളുപ്പമാണ് അഞ്ച് ഒന്ന് നൂറ്റി പതിനൊന്നിൻ്റെ പതിനൊന്ന് യഹോവ ഭക്തി ഫിയർ ഓഫ് ഗോഡ് ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു സദൃശവാക്യം ഒന്നിൻ്റെ ഏഴിലും അത് കാണുന്നുണ്ട് ദൈവഭയമാണ് നമ്മളെ പാപത്തിൽ നിന്നും പാപത്തിൻ്റെ തായ്വേരായ നികളത്തിൽ നിന്നും നമ്മളെ മാറ്റി നിർത്തുന്നത് ദൈവഭയമുള്ളവരെ പോലെ നമുക്ക് ജീവിക്കാം രണ്ട് കോരിന്തർ ഏഴിൻ്റെ ആദ്യത്തെ വാക്യങ്ങളിൽ നമുക്കറിയാം വിശുദ്ധിയെ തേക്കാനും ദൈവഭയത്തിലാണ് നമുക്ക് കഴിയുന്നത് ദൈവഭയമാണ് അപ്പോഴീ പാപത്തിൻ്റെ മർവശത്ത് നമ്മളെ സംരക്ഷിക്കുന്നത് ഈ ഒരു ബോധ്യത്തോടെ നമുക്ക് ദൈവം തന്നിട്ടുള്ള നാളുകളെ ദൈവഭയത്തിൽ നമുക്ക് കഴിക്കാം ദൈവം ഈ വചനങ്ങളാൽ നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ